ഇതാണ് നമ്മൾ പറയുന്ന ലോജിക്ക് ഇത് അവിടെ പറയണം അതൊക്കെ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ വിഷയം മാറിപ്പോകും പിന്നെ സ്ത്രീ ബ്രഹ്മചാരി എന്താണ് അമ്മയായി കാണോന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ബ്രഹ്മചര്യത്തിന്റെ അർത്ഥമില്ല ബ്രഹ്മചര്യോ എന്ന് പറയുന്നതിന് പിന്നെ അർത്ഥം മറ്റുള്ളവരെ പോലെ തന്നെ ബ്രഹ്മചാരി സ്ത്രീകളെ കാണുകയാണെങ്കി പിന്നെ ബ്രഹ്മചര്യത്തിനെന്താ അർത്ഥം അപ്പൊ ബ്രഹ്മചര്യം എന്ന് പറയുന്നതിന് അർത്ഥമാണെങ്കി സ്ത്രീയെ എന്തു ചെയ്യണം അമ്മയായിട്ട് കാണണം കാരണം ഏത് ബ്രഹ്മചാരിയായാലും അമ്മക്ക് ജനിച്ചവനെ അപ്പൊ അവനമ്മയെ കാണാതിരിക്കാൻ പറ്റും അങ്ങനെ ഒന്നും എല്ലാ വാദങ്ങളെല്ലാം തീർന്നു അമ്മ ഇത് വരുന്നത് ഇതൊക്കെ അയ്യപ്പന്റെ കാര്യം പറയണം ആർഷ സംസ്കാരത്തിന്റെ കാര്യം പറയണം നിങ്ങളൊക്കെ അംഗീകരിക്കുന്നു ഇല്ല എന്നുള്ളതൊന്നോടെ വിഷയമല്ല ഇത് നമ്മുടെ സംസ്കാരം അനുസരിച്ച് പറയണം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയാണ് സ്ത്രീകളെ ബഹുമാനിക്കണമെന്നൊരു സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞു ബ്രഹ്മചാരി സ്ത്രീകളെ എങ്ങനെ കാണും ബ്രഹ്മചാരി ഒരമ്മക്ക് പറഞ്ഞവനാണ് അവന്റെ അമ്മയെ കാണുമ്പോ അവനെന്ത് വികാരമോ തോന്നുന്നു അവനെന്ത് വികാരമോ തോന്നു ആ അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മചാരി അമ്മയെപ്പോലെ എല്ലാ സ്ത്രീകളെയും അമ്മയായിട്ട് അമ്മയെപ്പോലെയല്ല അമ്മയായിട്ട് എല്ലാ സ്ത്രീകളെയും കാണണമെന്ന് പഠിപ്പിക്കുന്ന അതുകൊണ്ടാണ് അപ്പൊ അമ്മയായിട്ട് കാണാൻ പറ്റും അതാണ് ബ്രഹ്മചര്യത്തിന്റെ നിയമം അത് ബ്രഹ്മചര്യത്തിന്റെ നിയമമാണ് നമ്മുടെ ശാസ്ത്രങ്ങളെ പറഞ്ഞിരിക്കുന്നതാണ് അതനുസരിച്ച് അമ്മ അയ്യപ്പന് ഏത് സ്ത്രീയും കാണാം ഒന്നും സംഭവിക്കില്ല ഇതെങ്കിലും നൈഷ്ട്രീയ ബ്രഹ്മചര്യത്തിന് അർത്ഥമില്ലാതെ വരത്തില്ലേ ഒരു നൈഷ്ട്രീയ ബ്രഹ്മചാരി സ്വന്തം അമ്മയെ കാണുന്നു യുവതിയാണ് അവന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും തീർത്തുന്നു അതിന് ഉറപ്പ് വരാൻ വേണ്ടിയും അതിന് വിഷയം വേണ്ടിയായിരിക്കും അങ്ങനെ അങ്ങനെ എന്താ പറയുന്നത് ബ്രഹ്മചേരിയത്തിൽ ഇരിക്കുന്ന ആണ് കുഴപ്പം വരാനാണ് സ്ത്രീ അമ്മയായിട്ട് കാണുമെന്ന് പറഞ്ഞത് ഇനി അതെന്താ പറഞ്ഞു സ്ത്രീ അമ്മയായിട്ട് കണ്ട കുഴപ്പം വരുന്നാണ് പറയുന്നത് പ്രായത്തില് പ്രായമെന്നല്ല പറയുന്നത് സ്ത്രീ പ്രായം എന്നല്ല പറയുന്നത് അമ്മമാരെ അമ്മ എന്ന് കണ്ടിട്ട് എന്താ പ്രയോഗം അമ്മ കാണുമ്പോഴേ അയ്യപ്പം ബ്രഹ്മചാരി ആണെങ്കി ജയ സ്ത്രീ അങ്ങനെ കാണണം ആ പറയുന്ന നൈഷ്ടീയ ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതെ ബ്രഹ്മചാരിയായി ജീവിക്കുന്നവൻ നൈഷ്ഠീയ ബ്രഹ്മചാരി ഇനി ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കാതെ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതിന് മുമ്പോ ഗ്രഹസ്ഥാശ്രമം സ്വീകരിച്ചതിന് ശേഷവും ബ്രഹ്മചാരിയായിരിക്കുന്ന ഉപകുർവാണ് ബ്രഹ്മചാരി ഉപകുറുവാണെന്നു അയാള് പിന്നെ ബ്രഹ്മചാരി ഇനി ഒരാള് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പം തന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ അയാൾ നിയമങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് സ്മൃതികളിൽ പറയുന്ന നിയമങ്ങളനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് ഗാർഹസ്ഥ്യ ബ്രഹ്മചര്യം എന്ന് പറയും അങ്ങനെ ബ്രഹ്മചര്യം പലതരത്തിലുണ്ട് മനസിലായോ അപ്പോ ഗാർഹസ്ത്യ ബ്രഹ്മചര്യുണ്ട് ഉപഗ്രഹ ബ്രഹ്മചര്യുണ്ട് നൈഷിക ബ്രഹ്മചര്യുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഗൃഹസ്ഥാസനവും ഉപേക്ഷിച്ചിട്ട് ഭാര്യ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മചര്യായി ജീവിക്കുന്നതിനാണ് വാനപ്രസ്ഥി അത് കുറച്ചുകൂടെ പുരോഗമിച്ചിട്ടാണ് സന്യാസി അപ്പോൾ വാനപ്രസ്ഥക്ക് ഭാര്യയോടൊപ്പം ജീവിക്കാം പക്ഷെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധം പാടില്ല അതാണ് വാനപ്രസ്ഥത്തിന്റെ പ്രത്യേകത അയാളും ബ്രഹ്മചാരിയാണ് ഭാര്യയോടൊപ്പം തന്നെ ജീവിക്കുന്നു ഇനി അങ്ങനെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് അയാള് പൂർണ്ണ ബ്രഹ്മചര്യത്തിൽ എന്നുവെച്ചാൽ ഭാര്യ സമ്പർക്കം ഇല്ലാതെ ജീവിച്ച അത് സന്യാസമായി അപ്പോ ഇവിടെ എല്ലായിടത്തും വരുമ്പോഴേരിയുണ്ട് പലതരത്തിലും ഉണ്ട് മനസിലായോ ഏ സെ ഈ അല്ല സന്യാസം എടുക്കുക എന്ന് പറയുന്നത് തന്നെ ശുദ്ധവിവരക്കേടാണ് സന്യാസം ആരും എടുക്കാനും പറ്റില്ല കൊടുക്കാനും പറ്റില്ല സന്യാസം എടുക്കുന്നു പറയുന്നത് എന്താണ് വലിയ അബദ്ധമാണ് സന്യാസം എങ്ങനെയാണ് സന്യാസമാർക്കെങ്കിലും കൊടുക്കാൻ പറ്റും ആ കളറ് മാറുക എന്ന് പറയുന്നത് പോലീസുകാർ ഗുരു പറഞ്ഞിട്ടുണ്ട് പോലീസുകാർ യൂണിഫോം ഇടുമ്പോലെ വക്കീലന്മാർ കോട്ടിടും പോലെ ഒക്കെയുള്ള ഒരു തൊഴിലിന്റെ അടയാളമാണത് ആ സന്യാസം എടുക്കുന്നതല്ല ഒരു തൊഴിലെടുക്കുന്നതാണ് നിങ്ങള് ശിവരി ഒന്ന് സന്യാസം എടുക്കുന്ന പുതിയ തൊഴിൽ പ്രവേശിച്ചു ഒരു തൊഴിൽ ആ തൊഴിൽ മാന്യമായി ചെയ്യുക ആ തൊഴിൽ മാന്യമായി ചെയ്യുക ആ തൊഴിലെ ഡിസിപ്ലിനോടെ ചെയ്യുക മര്യാദക്ക് ചെയ്യുക അന്നേ ഉള്ളൂ അല്ല സന്യാസം എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതല്ല മനസിലായ അപ്പൊ സന്യാസം അങ്ങനെ എടുക്കാനും കൊടുക്കാനും സന്യാസം എങ്ങനെയുള്ള സന്യാസമാണ് സന്യാസം പറയുന്ന ആളുടെ പ്രവൃത്തിയിലും വാക്കിലും ചിന്തയിലും ഒക്കെ എന്തു ചെയ്യുന്നു അയാള് സന്യാസം എന്നൊരു ആദർശത്തെ പുലർത്തുന്നു അവിടെ അയാൾക്ക് ഈ പുറമേ ഉള്ള വസ്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്ന് അവിടുത്തെ പയറും കഞ്ഞും കുളിക്കണമെന്നൊന്നും ഒരു നിയമവും ഇല്ല അങ്ങനെ ആ അയാള് ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്യുന്നു സന്യാസിയുടെ പ്രത്യേകിച്ച് അയാൾ ഏകനായി ജീവിക്കുന്നു ബാച്ചിലറായി ജീവിക്കുന്നു അത് നിർബന്ധമാണ് സന്യാസം എന്ന് പറയുന്നു അയാള് ബാച്ചലറായിരിക്കണം അയാൾ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ബാച്ചലർ എന്ന് പറഞ്ഞാൽ എന്താണ് വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്നു അയാൾ അതിൻ്റെതായ രീതികളൊക്കെ ചെയ് പ്രവർത്തിക്കുന്നു അതാണ് ബ്രഹ്മചേര്യം അവിടെ സന്യാസം കൊടുക്കുകയും വാങ്ങിക്കുകയും ഒന്നും ചെയ്യുന്നില്ല കൊടുക്കുക വാങ്ങുക എന്ന് പറയുന്നത് നിങ്ങളൊരു ജോലിക്ക് ഒരു അപ്പോയിൻമെന്റ് ഓർഡർ വരും പോലെയാണ് ഒരാശ്രമ ചെലവ് നിങ്ങൾക്ക് കാവ്യ വരുന്നു എന്നുവരെ നിങ്ങളൊരു പുതിയ തൊഴിലേക്ക് അവിടെ ഉള്ളൂ അങ്ങനെ ജീവി അതിന് തെറ്റൊന്നുമില്ല അത് ശരിയില്ലന്നല്ലേ അവൻ പറയുന്നു അത് അങ്ങനെ ജീവിക്കുക അപ്പൊ അതൊരു ഡിസിപ്ലിന് അനുസരിച്ച് ജീവിക്കുന്നു അത് ഒരു പോലീസുകാരൻ യൂണിഫോം ഇടുന്നത് പോലെയും വക്കീൽ ഫോട്ടിടും പോലെയും ഉള്ളു ആ തൊഴിൽ മര്യാദ ചെയ്യണോ വേണ്ടെന്നുള്ള അവരവര് തീരുമാനിക്കുന്നു അപ്പോൾ ഒരു പോലീസുകാരൻ മോഷ്ടിക്കാൻ പോവുകയും കൈക്കൂലി വാങ്ങിക്കുകയും ചെയ്ത പോലീസാവും അതുപോലെ ഒരു സന്യാസി അവന് പറഞ്ഞിട്ടില്ലാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പോകരുത് അപ്പോഴവൻ സന്യാസിയാവും അല്ലാതെ എന്താണ് സന്യാസം ഞാൻ ഇന്നടത്ത് നിന്ന് എടുത്ത് എനിക്ക് ഇന്നാലും സന്യാസം തന്ന് എനിക്ക് സന്യാസം കെട്ടി എന്നൊക്കെ ഈ വിവരദോഷികൾ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അത് ശുദ്ധ വിവരക്കേടാണ് ഒരർത്ഥവും ഇല്ല കൊടുക്കുന്നവനും എന്താണ് തിരുമണ്ടനാണ് ഞാൻ ഇന്നാര്ക്ക് സന്യാസം കൊടുത്തു എന്ന് വിചാരിക്കുന്നു വിവരക്കേട് കൊണ്ടാണ് ഞാൻ ബോധമില്ലാത്തതുകൊണ്ട് പറയുന്ന ആരും ആർക്ക് സന്യാസം കൊടുക്കുന്നു സന്യാസം സ്വീകരിക്കുന്നുണ്ട് യൂണിഫോം കൊടുക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് ഞാൻ സന്യാസി സ്വീകരിച്ചു എന്നല്ല പറയണ്ട് ഞാൻ കാവി സ്വീകരിച്ചു എന്തുകൊണ്ട് അത് ഗുണിപ്പം ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറയാം രാഷ്ട്രീയ ബ്രഹ്മചരം എന്ന് പറയുന്നത് വേറെ സംഗതിയാണ് അത് വിവാഹം അയാള് കഴിച്ചിട്ടില്ല സ്ത്രീ സംഘത്തിൽ ഏർപ്പെട്ടിട്ടില്ല മരണം വരെ അപ്പൊ അയാൾ അങ്ങനെ സ്ത്രീ ഉള്ള സമൂഹത്തിൽ ജീവിക്കും സ്ത്രീ അമ്മയായി കാണും അതാണ് അയ്യപ്പ അങ്ങനെയുള്ള ഒരാളാണ് അപ്പൊ സ്ത്രീ അടുത്ത് വന്നാലും ദൂരെ പോയാലും ഒന്നും പ്രശ്നമില്ല കാരണം സ്ത്രീ അമ്മയാണ് അപ്പൊ ഇത് സാമിയോഗിക്കുന്ന അങ്ങനെയാണെങ്കിൽ സ്ത്രീ വരുമ്പോ അവള് ചിലതൊക്കെ കാണത്തില്ലേ അങ്ങനെ നോക്കിയാ നൈഷിക ബ്രഹ്മചാരി അല്ല അത് നൈഷിക ബ്രഹ്മചാരി അല്ല നൈഷിക ബ്രഹ്മചാരിയുടെ കാര്യം പറയണ അയ്യപ്പന് പ്രതിരോധത്തിന്റെ ആവശ്യമുണ്ട് പ്രതിരോധം തീർക്കുന്ന എപ്പോഴാണ് ഈ കൊറോണ കൊറോണ ഉള്ളിടത്താണ് വാക്സിൻ എടുക്കുന്നത് കൊറോണ അല്ലെങ്കിൽ കൊറോണയുടെ വാക്സിൻ എടുക്കണം വേണോ കൊറോണ ഇല്ല കൊറോണയുടെ വാക്സിൻ എടുക്കണം ഇല്ല അപ്പൊ അതുപോലെയാണ് ഈ സ്ത്രീകളെ സ്ത്രീയായി കാണും സ്ത്രീകളെ സ്ത്രീകളായി കാണുമ്പോഴാണ് എന്തു ചെയ്യുന്നത് എന്തു ചെയ്യുന്നത് പ്രതിരോധ സ്ഥലിക്കുന്നത് സ്ത്രീ അമ്മയൊക്കെ ഉണ്ട് പിന്നെ അവിടെ പ്രതിരോധമുണ്ട് കാഴ്ചപ്പാട് മാറിയാ മാത്രം മതി വിശ്വാസങ്ങള് നിങ്ങളെ ആര് ആര് പഠിപ്പിച്ച എന്ത് വിശ്വാസം അതിനു വേണ്ടിയിട്ടാണ് അമ്മയായിട്ട് കാണണമെന്ന് പറയുന്നത് അതാണ് അതിന്റെ അടിസ്ഥാനപരമായ പാഠം സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ് അത് ഇത്തരം വിചാരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയായി കാണുന്നു അമ്മയെ കാണുമ്പോൾ ഒരാൾക്ക് വികാരം ഉണ്ടാവും അമ്മ ചെറുപ്പമാണെങ്കിൽ വികാരം ഉണ്ടാവും സ്വന്തം കാണുന്നു അല്ല അമ്മ യൗവന യുക്തയാണെങ്കിൽ ഒരാൾക്ക് വികാരം ഉണ്ടാവും ഞാൻ ചോദിക്കുന്നു ഉണ്ടാവുണ്ടാവുന്നില്ല ണ്ടാവണമെന്നില്ല ഉണ്ടാവില്ലെന്നില്ല അതിന് പോലും ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പോയി ഉണ്ടാവോ ഇല്ലയോന്നുള്ളതാണ് അമ്മയെ കാണുമ്പോ ആ എല്ലാ സ്ത്രീകളും സ്വന്തം അമ്മയാണ് എല്ലാ സ്ത്രീകളും സ്വന്തം അമ്മയാണ് ഇതാണ് നൈഷിക ബ്രഹ്മേരല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത് ാരെങ്കിലും നിർബന്ധിച്ച തലയിൽ കട്ടിവെച്ചാണോ ഈ പണിക്ക് ഇറങ്ങരുത് എന്നാ പറയുന്നത് ഇതാണ് ആർഷസംസ്കാരം പറയുന്നത് അതിന് ഇനിയും സംശയമാണ് ആഷസംസ്കാരം അങ്ങനെ പറയുന്നു പറ്റുന്നില്ല പറ്റാതെ ഇരിക്കാം അപ്പൊ ഋഷി ബ്രഹ്മചാരിയല്ല ഇത്രയേ ഉള്ളൂ വേറെ ആകാശമൊന്നും അടിഞ്ഞു വീഴത്തില്ല ഒരാൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അയാളുടെ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല ഇത്രയേ ഉള്ളൂ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ അയ്യപ്പ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ ഏത് സ്ത്രീയും കാണാം അപ്പൊ എല്ലാ സ്ത്രീകളും അമ്മമാരാണ് അപ്പൊ അമ്മയോട് എങ്ങനെയാണോ ഇടപെടുന്നത് അവർ ഏത് സ്ത്രീയോടും ഇടപെടണം ഇത്രേയുള്ളു ഈ ഒരു പോയിന്റ് അവിടെ എത്തിക്കണം ആക്ഷസംസ്കാരം ഇതാണ് ഇതാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ എല്ലാരും പറയുന്നു അയ്യപ്പ നൈഷ്ഠിക ബ്രഹ്മചാരായകൊണ്ട് സ്ത്രീ അവിടെ പോവാൻ പാടില്ലല്ലോ നമുക്ക് ഏഹ് അന്ന് ഈ ചർച്ച നടന്ന പോലെ നടന്നില്ല അത് തന്നെ അന്ന് ഇത് പറയണം അത് അതെ എത്രയോ കാലം എത്രയോ കാസങ്ങളിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് ആ നഷ്യപിന് സ്ത്രീ അമ്മയെ കാണും അപ്പ സ്ത്രീക്ക് അവിടെ ചെല്ലാം അല്ലാതെ സ്ത്രീകളുടെ ദോഷം അല്ല അത് മനസ്സിലായോ അതായത് ഞാനിപ്പോ ഈ കണ്ണാടിയിലൂടെ ഈ അക്ഷരം കാണും മനസിലായി ഈ കണ്ണാടിയുടെ ഈ അക്ഷരം കാണുമ്പോഴത്തേക്ക് എനിക്കിപ്പോ ഈ അക്ഷരം വലുതായി കാണും ഈ കണ്ണാടി എടുത്ത് മാറ്റിയാലോ അക്ഷരം ചെറുതാവും കണ്ണാടിയുടെ പ്രശ്നമാണോ അക്ഷരത്തിന്റെ പ്രശ്നമാണ് ഏ ആ ഇത് തന്നെയാണ് കാഴ്ചയുടെ പ്രശ്നമാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ കാഴ്ചയുടെ പ്രശ്നമാണ് അല്ല ഈ അക്ഷരത്തിന്റെ പ്രശ്നമല്ല ഇവിടെ മനസിലായെ ഈ മുമ്പായിരിക്കുന്ന പുസ്തകത്തിന്റെ അക്ഷരത്തിനല്ല പ്രശ്നം എന്റെ കണ്ണാടിയുടെ പ്രശ്നമാണ് കണ്ണാടി ഇരുന്നാ അക്ഷരം വലുതായി കാണും കണ്ണാടി മാറ്റി വെച്ച അക്ഷരം ചെറുതാവും ഇതുപോലെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ കാഴ്ച നൈഷ്ഠിക ബ്രഹ്മചാരി ആണെങ്കിൽ അയ്യപ്പൻ സ്ത്രീയെ കാണുമ്പോൾ അമ്മയായിട്ട് കാണും അല്ലെങ്കിൽ ഈ സ്വാമി കാണും പോലെ കാണും എന്നു പറയണ്ടല്ല അതൊന്നും നമ്മളീ വിഷയം എടുത്തിടാൻ പാടില്ല ഏതാണോ പോയിന്റ് വേറെ വിഷയത്തിൽ പോയി കഴിഞ്ഞാൽ സംഗതി മാറിപ്പോകും ചർച്ച മാറിപ്പോ ആ ഇതൊന്നും മറുപടി പറയും ഇതാണ് നമ്മുടെ ആർഷ സംസ്കാരം ഇതിന് മറുപടി പറയും ഇതിന് പറയാൻ ഏതെങ്കിലും ഒരു ജീവിച്ചിരിക്കും പറ്റത്തില്ല അത് പോയിന്റ് നമ്പർ വൺ എഴുതിപ്പോൾ എനിക്കറിയില്ല ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഉള്ളത് കാര്യമാണ് പുരോഹിതർക്ക് പുരോഹിതന്മാർക്ക് അല്ല അതോ ആവശ്യമെന്ന് പറയുന്നത് എന്താണ് സ്ത്രീകളവിടെ കേറുന്നു കയറുന്നില്ലേ അതുകൊണ്ട് ലാഭമോ നഷ്ടമോ ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നുമല്ല അതിന്റെ വരുന്ന വെച്ചുകഴിഞ്ഞാല് ഒരു സമ്പ്രദായം ഏർപ്പെടുത്തി ഈ സമ്പ്രദായങ്ങളെ ഏർപ്പെടുത്തുന്നത് ഇത്തരം വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കി സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിന്റെ പിന്നിൽ പൌരോഹിത്യ ബുദ്ധിയാണ് അപ്പോ ഇതുകൊണ്ട് ചിലപ്പം അവിടെ വരുമാനം കൂടുകാരും പ്രശസ്തി കൂടുകയായിരിക്കും അതൊന്നുമല്ല വിഷയം നമ്മുടെ ബൌദ്ധികമായ ആധിപത്യം സമൂഹത്തിൽ നിലനിർത്തുക അതാണ് എന്റെ ഞങ്ങളൊരു കാര്യം പറഞ്ഞു അത് പറഞ്ഞാ പറഞ്ഞാണ് അതിന് മാറ്റം വരാൻ പാടില്ല എന്ന് പറയുന്നതിനാണ് പറയുന്നത് ആചാരം എന്ന് പറയുന്നത് ഒരു എതിർത്ത ആചാരത്തെയാണ് ഇപ്പൊ പൗരോഹിത്യ സമ്പ്രദായത്തിൽ ഇങ്ങനെ ഒരു ഏർപ്പാടവിടെ ചെയ്തു വെച്ച് മാറ്റാൻ പാടില്ല എന്നുള്ളത് ഞങ്ങള് പറഞ്ഞാണ് ഞങ്ങളത് ഏർപ്പാട് ഒരു മനോഭാവമാണ് എന്റെ പിന്നിൽ കളിക്കുന്നത് ഇപ്പൊ സർക്കാർ പറയുന്നെന്താണ് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നത് പൌരോഹിത്യ ബുദ്ധിയാണ് രേന്ദ്രമോദി എന്ന് പറയുന്ന വേറൊരു ഉപകരണം മാത്രമാണ് അതിന്റെ പിന്നിലിരിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് പുരോഗതി ബുദ്ധിയാണ് അപ്പോ അവര് ആ ബുദ്ധിക്ക് കീഴിലാണ് ഇവിടുത്തെ സർവവ്യവസ്ഥ അപ്പോ അവരെ ഏർപ്പെടുത്തി വെച്ച ഒരു കാര്യമായതുകൊണ്ട് അവരതിനെ പിന്താങ്ങുന്നു ഡൽഹിയിലിരിക്കുന്ന പുരോഹിതനെ ഏർപ്പെടുത്തിയല്ല നമ്മുടെ ഇവിടെ ആചാരം എന്നുള്ള പേരിൽ വന്നുകഴിഞ്ഞപ്പോൾ പുരോഹിതൻ അത് തന്റെ ഏർപ്പാടായി കാണുന്നു വാസ്തവത്തിന് ഇതൊന്നും പുരോഹിത ഏർപ്പെടുത്തിയെന്ന് വല്ല അതാണ് എന്റെ വാസ്തവം പണ്ട് മലയായ കൊണ്ട് അവിടെ മനുഷ്യർ സ്ത്രീകൾ പോണ്ടെന്ന് വിചാരിച്ചൊരു സംഭവമാണ് പക്ഷെ അതൊരു ആചാരമായി ജനങ്ങളുടെ ഇടയിൽ വ്യാപിച്ചപ്പോൾ അതിന്റെ കർത്തൃത്വ പുരോഹിത ഏറ്റെടുത്ത് എന്നുവെച്ചാൽ പൗരോഹിത്യ ബുദ്ധി അതിന്റെ കർത്തൃത്വം ഏറ്റെടുത്ത് അപ്പൊ ഇപ്പോ അത് പൗരോഹിത്യ പുരോഹിതന്റെ ഒരു പ്രസ്റ്റീജ് ആയി മാറി ഞങ്ങൾ പറയുന്നിവിടെ നടപ്പിലാവണോ വേണ്ടേ എന്നുള്ളതാണ് ഇപ്പൊ അത് ഞങ്ങൾ പറയുന്നതുകൊണ്ട് അത് നടക്കണം എന്നാലേ ഈ സമൂഹം മുഴുവൻ ഞങ്ങളുടെ കീഴിൽ നിൽക്കും അത് പുരോഹിതന്മാരുടെ എണ്ണത്തിൽ കുറവാണ് അല്ലെങ്കിൽ പൗരോഹിത്യ ബുദ്ധിക്ക് കുറച്ചാൾക്കാരെ ഉള്ള അതൊന്നും വിഷയമില്ല ഒരു ന്യൂനപക്ഷ ബുദ്ധിയുടെ കീഴിൽ ഭൂരിപക്ഷവും എന്നും അതിനധീനമായിരിക്കണമെന്നുള്ള ആ ഒരു ചിന്താഗതി ആണ് കേന്ദ്ര ഗവൺമെന്റിനെയും ഭരിക്കുന്നത് അതുകൊണ്ടാണ് അവര് ഇതിനെതിരായി ർക്കിക്കുന്നു പിന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു ഈ പൗരോഹിത്യ ബുദ്ധിയുടെ കീഴിൽ അവരും പരാജയപ്പെട്ടു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അവർ ബാക്കി എല്ലാത്തിലും ജയിച്ചെങ്കിലും പൗരോഹിത്യ ബുദ്ധിക്ക് അവര് വീണുപോയി കാരണം ജനങ്ങളത്രയും സ്വാധീനിച്ചിരിക്കുന്നു അപ്പൊ അവരും കാലും മാറ്റിച്ചവട്ടി അവരും പറഞ്ഞതാണ് എന്നാ പിന്നെ ഇസ്രേലുകയറണ്ട എന്ന് വെച്ചാൽ പൗരോഹിത്യ സ്വാധീനം എന്ന് പറയുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ലോക സമൂഹത്തിൽ മുഴുവൻ ണ്ടാക്കുന്ന സ്വാധീനം വളരെ വളരെ വലുതാണ് ക്രിസ്ത്യ സമൂഹത്തിലായാലും ഇസ്ലാമിക സമൂഹത്തിലായാലും ഹൈന്ദവ സമൂഹത്തിലായാലും ജൂതസമൂഹത്തിലായാലും ശരി പൗരോഹിത്യ സ്വാധീനം എന്ന് പറഞ്ഞു പൗരോഹിതം നേരിട്ട് വടിയെടുത്ത ആൾക്കാരെ പഠിപ്പിക്കുന്നതല്ല അവര് സൃഷ്ടിച്ചോട്ട ആശയങ്ങൾ ആശയങ്ങൾ വ്യാപകമായി സമൂഹത്തിന്റെ ബൗദ്ധിക തലത്തിൽ പ്രചരിക്കുകയും സമൂഹം ആ ബൗദ്ധിക ആശയങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു അങ്ങനെ കീഴ്പെട്ട് ജീവിക്കുന്നതിനാണ് ആചാരം പറയുന്നത് ഇതിനെ ഭാഗികമായി ഇതിനെ ഒരു ദൈവം ഭാഗികമായി മാറ്റിയിട്ടുള്ളു പൂർണമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഭാഗികമായി ഒരു അതിനെ മാറ്റി കുറെയൊക്കെ ഇന്നും കിടപ്പുണ്ട് ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി പൗരോഹിത്യ ബുദ്ധിക്ക് കീഴിലാണ് ഈ സമൂഹം വിശ്വാസ്യ സമൂഹം എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പോകുന്നത് ആ അപ്പൊ ആ വിശ്വാസങ്ങളെ ഇളക്കി വിട്ടു കഴിഞ്ഞപ്പോ അവർക്ക് പിടിച്ചാൻ പറ്റി പൗരോഹിത്യ ബുദ്ധിക്ക് കീഴടങ്ങിയാണ് ഇന്നത്തെ സമൂഹം പോകുന്നത് അതിന് പുരോഹിതം തന്നെ ഇനി വേണമെന്നില്ല ഈ ഇന്ന് ജീവിച്ചിരിക്കുന്ന പൗരോഹിത്യ ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യരും മരിച്ചുപോയാലും പൌരോഹിത്യ ആശയം മരിക്കത്തില്ല അത് സമൂഹത്തിന്റെ മേളിൽ അതിന്റെ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കും അതിനെതിരായ ചിന്താഗതികൾ പ്രചരിച്ചാലേ പറ്റും നമ്മളെല്ലാരും അറിഞ്ഞോ അറിയാതെയോ ഈ പൗരോഹിത്യ ആശയത്തെ പിൻപറ്റുന്നവരാണ് അതിന് കീഴ്പൊട്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും അതാണ് ചിലപ്പോൾ നമുക്ക് നല്ല ബുദ്ധി തോന്നുന്നു ചിലപ്പോൾ നമുക്ക് പെട്ട ബുദ്ധിയും തോന്നും രണ്ടും തോന്നുന്നു അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും അങ്ങനെ പിന്നെ നമ്മളും ഭാഗികമായി ആ പൗരോത്വ ബുദ്ധിയെ സ്വീകരിച്ചിട്ട് അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരും ആണ് കിട്ടിയ അതല്ലേ രാവിലെ അവിടെ ചെന്നില്ല അപ്പാട് ഒരു കാര്യമാണ് പറഞ്ഞത് ആചാരങ്ങൾ നേർക്കണം അനാചാരങ്ങൾ പോവുക തന്നെ അങ്ങനെയാണ് പറഞ്ഞത് ശരി നമ്മുടെ വിഷയത്തിലേക്ക് പോയി അടുത്തെന്താ പറയുന്നില്ല ഏതു വായിച്ചത് നിത്യേരി അതി ശുദ്ധ ബുദ്ധ മുക്തസ്വഭാവം അതിന് ബ്രഹ്മ നിത്യ അതിന് നിത്യതാലണം ദുഃഖം ഉപക്ഷതി നിത്യം എന്തിനോട് പറഞ്ഞു ബ്രഹ്മത്തിന് ഒരു വിശേഷം കൊടുത്ത് നിത്യം എന്തിനു പറഞ്ഞു ക്ഷയ്താലക്ഷണം നാശരൂപത്തിലുള്ള ക്ഷയിത എന്ന് പറഞ്ഞു നശിക്കുക ആ നാശരൂപത്തിലുള്ള ദുഃഖം ദുഃഖത്തെ ഉപക്ഷവതി നിഷേധിക്കുന്നു അതായത് ദുഃഖം എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതിന് കാരണം നാശത്തെ കുറിച്ചുള്ള ബോധം തന്നെ സമ്പത്ത് നശിച്ച ദുഃഖം വരും മാനം ദശിച്ച ദുഃഖം വരും കീർത്തി നശിച്ച ദുഃഖം വരും ആസം നശിച്ച ദുഃഖം വരും രോഗം വന്നാൽ ദുഃഖം വരുന്നത് നശിക്കുന്ന ഏതൊക്കെ നമ്മൾ എന്തിനൊക്കെ നമ്മൾ നേട്ടമായി സമ്പാദ്യമായി കാണുന്നു അതിന്റെയൊക്കെ നാശം നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കും അപ്പോ ദുഃഖത്തിന് കാരണമായിരിക്കുന്നത് നാശമാണ് അപ്പോ ഈ ബ്രഹ്മത്തിന് നാശമില്ല എന്നാണ് പറയുന്നത് നിത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ദുഃഖമില്ല ദുഃഖത്തെ നിഷേധിക്കണം അപ്പോ ഇവിടെ സങ്കരായന് പറയുന്നത് എന്താണ് ഒരുത്തൻ സ്വയം തന്നെ നിത്യമായ ബ്രഹ്മമായിട്ടറിഞ്ഞാൽ പിന്നെ അവൻ എന്തിനു ദുഃഖിക്കണം എന്തുകൊണ്ട് നശിക്കുന്ന ഒന്നും അവനല്ല താൻ ബ്രഹ്മമാണ് തനിക്ക് നാശമില്ല അപ്പൊ നശിക്കുന്ന ഒന്നിനെ കുറിച്ചൊന്നും ദുഃഖിക്കണ്ട എന്നുകൊണ്ട് അതൊന്നും താനല്ല പിന്നെ തന്റെ നാശം അതിനെ കുറിച്ചൊന്നും ദുഃഖിക്കണ്ട എന്നുകൊണ്ട് താൻ നിത്യമാണ് അപ്പോ ദുഃഖത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നിത്യം എന്ന് പറഞ്ഞത് അത് നേരിട്ട് ദുഃഖത്തെ നിഷേധിക്കുകയല്ല പിന്നെങ്ങനെ നേരിട്ട് ദുഃഖത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് നിത്യം എന്ന് പറയുന്നതിലൂടെ പിന്നെങ്ങനെ ആ ദുഃഖത്തെ നിഷേധിക്കുന്നത് ില്ല നേരിട്ട് ദുഃഖത്തെ നിഷേധിക്കുന്നില്ല പിന്നെ എങ്ങനെയാ ദുഃഖത്തെ നിഷേധിച്ചത് ഇവരെ ഞാൻ പറഞ്ഞൊന്നും തോന്നുന്നില്ല നിഷേധിച്ചിട്ട് നാശത്തെ നിഷേധിച്ചിട്ട് ാശംകൊണ്ട് സംഭവിക്കുന്ന ദുഃഖത്തെ നിഷേധിക്കുന്നു അതിനുവേണ്ടി ഏത് വാക്കാ ഉപയോഗിച്ചത് നിത്യം നിത്യം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് നശിക്കാത്ത പറഞ്ഞാൽ അവിടെ സ്വന്തം നാശമായാലും ശരി മറ്റെന്തെങ്കിലും നാശമായാലും ശരി നശിക്കാത്തോന്നു പറഞ്ഞാൽ പിന്നെ അവനൊരു ദുഃഖമില്ല അപ്പൊ ദുഃഖത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ശത്തെ നിഷേധിച്ചത് നാശത്വം നിഷേധിക്കാൻ വേണ്ടി എന്തു പറഞ്ഞു നിത്യം നിത്യം അതുകൊണ്ട് നാശത്വം നിഷേധിക്കുന്നു അതുകൊണ്ട് ദുഃഖത്തെ നിഷേധിക്കുന്നു ഒരു പോയിന്റ് മനസ്സിലാക്കിയാൽ ബ്രഹ്മജ്ഞാനാണ് ഈ പറയുന്നത് കൂടുതലൊക്കെ എന്തിനാ പഠിക്കുന്നു പോയിന്റുകൾ മനസ്സിൽ കുറിച്ച് കഴിക്കണം മനസ്സിലായോ അല്ല ഈ പറയുന്ന മുഴുവൻ ഇങ്ങനെ കാളമൂത്രം പോലെ തലയിൽ കൂടെ അഭിഷേകം ചെയ്തോണ്ടിരുന്നോണ്ട് കാര്യം അതുകൊണ്ടൊരു പറയാനില്ല അപ്പൊ നമ്മൾ ഓരോ പോയിന്റുകൾ മനസ്സിലെ കുറിച്ച് നോക്കുന്നു നിത്യം ഒന്നു പറഞ്ഞു നാശത്തെ നിഷേധിക്ക നാശത്തെ എന്തിനു നിഷേധിക്കുന്നു ദുഃഖത്തെ നിഷേധിക്കുക അപ്പൊ നിത്യം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാന്നില്ല അപ്പോ ഇത് കേൾക്കുന്നവൻ സ്വയം അവന് ബ്രഹ്മെന്ന് അറിഞ്ഞാൽ അവന് ദുഃഖമില്ല സംഗതി ശങ്കരാചാര്യ പറയുന്ന ബ്രഹ്മജ്ഞാനം ചോദിക്കും അങ്ങനെ ഞാൻ നിത്യമാണെന്ന് അറിഞ്ഞു നശിക്കുന്നില്ലെന്ന് അറിഞ്ഞു ഇത്ര അറിഞ്ഞു കഴിഞ്ഞാലും ദുഃഖിക്കില്ലേ ദുഃഖം ഉണ്ടാകത്തില്ലേ മനുഷ്യൻ നിത്യമാണെന്നറിഞ്ഞു എന്ന് വിചാരിച്ച ഇനി ദുഃഖം വരത്തില്ല ഇപ്പൊ എല്ലാവരും അറിയല്ലോ നിത്യമാണെന്ന് ഇനി ഒരിക്കലും ദുഃഖം വരത്തില്ലേ ഇങ്ങനെ അറിയുന്നതിനാണ് വിചാരമെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മള് സ്വയം ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്താണ് വിചാരം അപ്പൊ വിചാരം ചെയ്ത അറിയുന്നു ഇതിനെയാണ് പറയുന്നത് നിത്യം എന്ന് പറഞ്ഞാൽ നാശത്തെ നിക്ഷേപിക്കുകയാണ് നാശത്തെ ദുഃഖത്തെ നിക്ഷേപിക്കുകയാണ് എന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനാണ് വിചാരമെന്ന് പറയുന്നത് വിചാരം എന്താന്നറിയില്ല അങ്ങനെ അറിഞ്ഞാ ദുഃഖം മാറും ദുഃഖം ഇല്ലാതാവും ആവും ഇല്ലാതാവും സംശയമാണെന്ന് മനസ്സിലായി അപ്പൊ ഇനിയിപ്പൊ ദുഃഖമില്ല ഇന്നെത്തണം കഴിഞ്ഞു എനിക്കല്ല എന്റെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ആ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വേദാന്തം പഠിച്ചു അതിന്റെ ഒരു ഗുണമുണ്ട് എന്നുവെച്ചാൽ ദുഃഖമില്ലാന്ന് പറഞ്ഞ ശങ്കരായന് പറയുന്ന ഇതാണ് ആത്മാവിൽ ദുഃഖമില്ല ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ ഒരുവന്റെ സ്വരൂപം അവിടെ ദുഃഖമില്ലെന്ന് ഈ പറയുന്നതിനർത്ഥമുണ്ട് ഞങ്ങളുടെ മനസ്സിൽ ദുഃഖമില്ലെന്നെന്താ പറയും നിങ്ങളുടെ ശരീര സംബന്ധിയായി ദുഃഖമില്ലെന്നെന്താ പറയുന്നു ആ പറഞ്ഞു കറക്റ്റ് എന്താ ഇത്രയും കാലം പഠിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടായ ആത്മാവിൽ ദുഃഖമില്ല ഇത്രയും ചങ്കര പറയുന്നു ആത്മാവിനെ ദുഃഖമില്ലാത്തതായിട്ട് അറിയുക ആത്മാവിൽ ദുഃഖമില്ല എന്നറിയുക മനസിലായോ എന്നാ മനസിലായിട്ടില്ല എന്തുകൊണ്ട് അവിടെ ഒരു ചോദ്യം വരും ശരി ആത്മാവിൽ ദുഃഖമില്ലെന്ന് അറിഞ്ഞു അതുകൊണ്ട് എന്താ പ്രയോജനം വീണ്ടും ഞാൻ ദുഃഖിക്കില്ലേ മനസ്സുകൊണ്ട് അത് ഞാൻ ആത്മാവ് തന്നെയാണെന്ന് ആ ഞാൻ ആത്മാവ് ആത്മാവിൽ ദുഃഖമില്ല എന്നറിഞ്ഞു പക്ഷെ മനസ്സുകൊണ്ട് വീണ്ടും ദുഃഖിക്കുന്നു പതിനെന്താ പരിഹാരം ബ്രഹ്മവിചാരെ ഇനി വേറെ ഒരു ബ്രുമ്പീരല്ല വീട്ടിൽ പോയിട്ടുണ്ടോ ബ്രുമ്പ വിചാരം ഈ ചെയ്യുന്ന ആണ് വിചാരം അത് സംശയ സംശയം ഒക്കെ തീർന്ന് ദുഃഖമില്ല അത് അങ്ങനെ പറഞ്ഞത് ഞാൻ ആത്മാവാണ് എനിക്ക് ഒരു ഒരു സംശയമില്ല അംഗീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശങ്കര ശങ്കരചാരാ പറയുന്നത് നിങ്ങളീര നിമിത്തമായി ലോകം നിമിത്തമായിട്ടൊക്കെ ഈ ദുഃഖത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ശങ്കരചാര്യ എന്താ പറയുന്നത് നിങ്ങളെ അനുഭവിക്കുന്ന ദുഃഖം സത്യമല്ല അതിനാണ് മിഥ്യുന്നത് ജഗത്ത് മിഥ്യ എന്ന് പറയുന്നതാണ് നിങ്ങളെ അനുഭവിക്കുന്ന ദുഃഖം സത്യമല്ല ആത്മാവാണ് സത്യം ബാക്കിയൊന്നും സത്യമല്ല സത്യമല്ലെന്ന് പറയുന്നതാണ് അതിനാണ് ഇത്രയും വലിയ പാട് ഞാൻ അനുഭവിക്കുന്ന ദുഃഖം സത്യമല്ല അതുകൊണ്ടെന്താ ഗുണം അതുകൊണ്ട് എന്താ ഗുണം ഇതുകൊണ്ടുള്ള ഗുണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേദാന്തമൊക്കെ ഒരു മനസ്സിലാക്കും അടിത്തം പറയാ ഉത്തരം പറയും ബോധസ്വരൂപനായി മരണമില്ലാത്തവനായി ആത്മാവിനെ ആത്മാവിൽ ഇതൊന്നും ഇപ്പൊ ഒരു വൃത്തി കൂടെ ഉണ്ടായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കാര്യം പറയാൻ ഇതെന്ത് മുക്തി ദുഃഖം ദുഃഖം അനുഭവിക്കുന്നു ദുഃഖം അസത്യം എന്നറിയുന്നു ഇവിടെ എന്താ മുക്തിമുക്തനായി തീരും അതൊന്നും പോയി ഇത്തരം അറിഞ്ഞു കഴിഞ്ഞാ വിദേഹമുക്തി വരുന്നത് ശങ്കരാചാര്യെന്ന് മറുപടി പറയുന്നു നിങ്ങളുടെ ഉഡിത്തങ്ങൾ എനിക്ക് കേൾക്കേണ്ടത് ശങ്കരാചാര്യെന്ന് പറയുന്ന മറുപടി ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഞാൻ ആത്മാവാണെന്നറിഞ്ഞു അപ്പോ ഞാൻ ശരീരമാണെന്നുള്ള ബുദ്ധി പോയി മനസിലായി ഞാൻ ആത്മാവാണെന്നറിഞ്ഞപ്പോ ശരീരമാണെന്നുള്ള ബോധം എന്ന് പറഞ്ഞാൽ ശരീരമാണെന്നുള്ള ബോധത്തിന് കാരണമായിട്ടുള്ള അജ്ഞാനം നശിച്ചു പിന്നെ ദുഃഖം അസത്യമാണെന്ന് അറിഞ്ഞാൽ ദുഃഖം സത്യമാണെന്നറിഞ്ഞുകൊണ്ടിരുന്ന കാരണമായ അജ്ഞാനം നശിച്ചു അപ്പൊ എല്ലാം സംഭവിച്ചു എന്താണ് ഞാൻ ആത്മാവാണെന്നറിഞ്ഞു ജഗത്ത് സത്യമാണെന്നുള്ള ആകത്തി പോയി ഇതിനെല്ലാം കാരണമായിട്ടുള്ള അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് സത്ത് കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം ഉണ്ടാവരുത് ാര് പറയുന്നത് ഗ്യാരണ്ടി അതാണ് ചത്തുകഴിഞ്ഞ പുനർജന്മുണ്ടാകത്തില്ല ബാക്കിയെല്ലാം പഴയ പോലെ ശങ്കരാചാര്യ ഇത്രേ പറയുന്നുള്ളു അങ്ങനെയാണ് സംസാരത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബാക്കി ഇതി കൂടെയാണ് ശങ്കരാചാര്യ പറയുന്നത് വേറെ എന്തെങ്കിലും നിങ്ങൾ എവിടെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇതാണോ തിരട്ട് വിദ്യകളാണോ അത് മനസ്സിലെ അതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ശരിയാണ് ആരെങ്കിലും പറയു ചുരുക്കി പെട്ടെന്ന് പറയുന്ന ഒരാൾ പറയുന്നു ശരീരബോധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ശരീരത്തിനെ കുറച്ചു നശിച്ചു കഴിഞ്ഞാൽ നശിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഒരു സാധനം ആയിട്ട് പറഞ്ഞാൽ അതുപോലെ പറ അത് തന്നെയാ പറഞ്ഞാ നിർജ്ഞാനം നശിച്ചു കഴിഞ്ഞാ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞ കത്ത് കഴിഞ്ഞ അതിന് മുന്നിലൊന്നും ഉണ്ടാവില്ല അജ്ഞാനം ഇല്ല ദുഃഖീയമായി വന്നേ അവള് പറഞ്ഞില്ല കത്ത് കഴിഞ്ഞാ പറഞ്ഞില്ല താൻ ആത്മാഅ അവിടെ നിന്ന് മനസ്സിലായി ജഗത്ത് മിഥ്യയാണെന്ന് മനസ്സിലായി അവിടെ അജ്ഞാനം നശിച്ചിട്ട് അവിടെ അജ്ഞാനം നശിച്ചിട്ട് മാണെന്നറിഞ്ഞു അപ്പോ താൻ ശരീരമാണെന്നാണ് അതുവരെ ധരിച്ചിരുന്നത് അതിന് കാരണം അജ്ഞാനമാണ് താൻ ആത്മാവാണെന്നറിഞ്ഞപ്പോ ആജ്ഞാനം നശിച്ചു പിന്നെ ദുഃഖം പിന്നെ ദുഃഖത്തെ കുറിച്ച് ദുഃഖം റിഞ്ഞു അതുവരെ എന്താണ് ദുഃഖം അസത്യമാണെന്നറിഞ്ഞു എന്നുവെച്ചാ പ്രപഞ്ച സത്യമാണെന്ന് അറിഞ്ഞിരുന്നു ദുഃഖം അസത്യമാണെന്നറിഞ്ഞപ്പോൾ അതിന് കാരണമായിരുന്നു അജ്ഞാനം നശിച്ചു എന്നുവെച്ചാ അജ്ഞാനം നശിച്ചു ഇതിനെല്ലാം കാരണം ഒരു അജ്ഞാനം തന്നെ അപ്പൊ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ ഒരാള് ഇതാണ് പോയിന്റ് അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ അയാള് മരിച്ചതിന് ശേഷം വീണ്ടും ജനിക്കുന്നില്ല ഇതി കൂടുതൽ ശങ്കരാചാര്യ ഒന്നും പറയുന്നില്ല ശങ്കരായെന്ന് പറയുന്നു ജന്മ ഇല്ല എന്ന് പറയുന്ന ഇങ്ങനെയാണ് പറഞ്ഞ് നോക്ക് വേണമെങ്കിൽ വിശ്വസിക്കേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കേണ്ടത് ഗുരു മറ്റേ ഇത് വിശ്വാസ തന്നെ ഇവിടെ കോപൈസേഷൻ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ആത്മാണെന്നറിഞ്ഞാൽ ഞാൻ ശരീരമാണെന്നുള്ളത് പോകുന്നു ഈ പ്രപഞ്ചം അസത്യമാണ് ദുഃഖം അസത്യം പറഞ്ഞാൽ പ്രപഞ്ചം അസത്യമാണെന്ന് അറിയുന്നു ഈ അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇനി ജന്മം ഇതാണ് ചെറുതായി ചാെ ലൻൻൃ ററകിൻ കൺൻൻ സംകൻൻ സകൻൻ കൻൻൻൻ ഄസകൻൻ ർസകൻൻ സകൻൻൻ ഠസകൻൻൻ ംടർം ങരർം ജ്ചൻൻ ബാൻൻൻ ചുട്ംകൻൻതകൻർ �